അനന്തരം ഫങ്ങളുടെ യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടിയിട്ട അവർ യഹൂഡയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ചു സോഖോവിനും അസേക്കും മധ്യേസ് ദമീമിൽ പാളയമിറങ്ങിറങ്ങി ഇസ്രയേലിനും ഒന്നിച്ചുകൂടി ഏല താഴ്വരയിൽ പാളയമിറങ്ങിറങ്ങി ഫലിസ്റ്റീനോട് പടയ്ക്ക് അണിനിരത്തി ഫെലിസ്റ്റീർ ഇപ്പുറത്ത് ഒരു ഇസ്രയേലിയർ അപ്പുറത്ത് ഒരു മലഞ്ചരിവിലും നിന്നിരുന്നു അവരുടെ മധ്യേ ഒരു താഴ്വര അപ്പോൾ ഫിലിസ്തീറുടെ പാളയത്തിൽ നിന്ന് ഗദ്യനായ ഗോല്യ എന്ന ഒരു പുറപ്പെട്ടു അവൻ ആറു മുഴവു ഒരു ചാണും നെടുപ്പമുള്ളവൻ ആയിരുന്നു അവൻ്റെ തലയിൽ ഒരു താമ്രശിരസ്ത്രം ഉണ്ടായിരുന്നു അവൻ അയ്യായിരം ഷെക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു കുന്തത്തിന്റെ അലക്ക് അറുന്നൂറ് ഇരുമ്പായിരുന്നു ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു അവൻ നിന്ന് ഇസ്രയേൽ നിരക്കളോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്നത് എന്തിനാ ഞാൻ ഫിലിസ്തീനും നിങ്ങൾ ശൌലിന്റെ ചേവകരും അല്ലയോ നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തു ഒഴിവിൽ അവൻ എന്റെ അടുക്കൽ ഇറങ്ങിവരട്ടെ അവനെന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്കടിമകളാകും ഞാനവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്കടിമകളായി ഞങ്ങളെ സേവിക്കാൻ ഫിലിസ്തീൻ പിന്നെയും ഞാൻ ഇന്ന് ഇസ്രയേൽ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവേയും എന്നു പറഞ്ഞു ഫെലിസ്തീന്റെ ഈ വാക്കുകൾ ശൌലും എല്ലാ ഇസ്രയേല്യരും കേട്ടപ്പോൾ ഭ്രമിച്ചു ഏറ്റവും എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്തലെഹേമിൽ ഇഷായി എന്നു പേരുള്ള ഒരു യഫ്രാത്യന്റെ മകനായിരുന്നു ഇഷായിക്ക് എട്ടു മക്കൾ ഉണ്ടായിരുന്നു അവൻ ശൌലിന്റെ കാലത്ത് വയസ്സു വൃദ്ധനായിരുന്നു ഇഷായിയുടെ മൂത്ത മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നിരുന്നു യുദ്ധത്തിന് പോയ മൂന്ന് മക്കൾ ആദ്യജാതൻ ഏലിയാവും അവന്റെ അനുജൻ അഭിനാതാവും മൂന്നാമത്തവൻ ആയിരുന്നു ദാവിദോ എല്ലാവരിലും ഇളയവത്തും കൂടെ പോയിരുന്നു ദാവീദ് ശൗലിന്റെ അടുക്കിൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയ്പോ ബേത്തലേഹേമിൽ പോയി വരിക പതിവായിരുന്നു ആ ഫിലിസ്തീൻ നാൽപ്പത് ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുമ്പോട്ട് വന്ന് നിന്നു ഇഷായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത് ഈ ഒരു പാറ മലരും അപ്പം പത്തും എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കുക ഈ പാൽക്കട്ട പത്തും സഹസ്രാധിപന് കൊടുക്കുക നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരികരിക ശൌലുമരും അവരുമരും ഇസ്രയേലൊക്കെയും ഏല താഴ്വരെയും ഫിലിസ്തീനോട് യുദ്ധം ചെയ്യുന്നുണ്ട് അങ്ങനെ ദാവീത് ഇത് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേറ്റ് ഇഷായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തും ചെന്ന് കൈനിലയിലെത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്തുവിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു ഇസ്രയേലും ഫിലിസ്തീനും നേർപ്പു നേരെ അണിനിരന്ന് നിന്നു ദാവീദ് തന്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചും വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു അവനവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗത്യനായ ഗോലിയ എന്ന ഫിലിസ്തീ മല്ലിസ്തീനരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടുവന്ന് മുമ്പലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവിത് കേട്ടു അവനെ കണ്ടപ്പോൾ ഇസ്രയേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടു അവന്റെ മുമ്പിൽ നിന്ന് ഓടി വന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുവോ അവൻ ഇസ്രയേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവനെ കൊടുക്കുകയും അവന്റെ പ്രതിർഭവനത്തിന് ഇസ്രയേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട് ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രയേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്നിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആർ പറഞ്ഞു അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നതൊക്കെയും കൊടുക്കുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂട്ട ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു നീ ഇവിടെ എന്തിനു വന്നു മരുഭൂമി ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ പോന്നു നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം പട കാൺമാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു അതിന് ദാവീദ് ഞാനിപ്പോൾ എന്തു ചെയ്തു ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു അവനവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു ദാവിദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ അറിവ് കിട്ടിയി അവനവനെ വിളിച്ചു വരുത്തി ദാവിദ് ശൌലിനോടുണ്ട് ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട ടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു ദാവിദിനോട് ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല നീ ബാലനത്ര അവനവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു ദാവീദ് ഷൌലിനോട് പറഞ്ഞത് അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു ഞാൻ പിന്തുടർന്നു അതിനെ അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ച് കൊന്നു ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയേയും കൊന്നു ഈ അഗ്രചർമ്മിയായ ഫെലിസ്റ്റേൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കും അവയിലൊന്നിനെ പോലെ ആകുമ്പോ ദാവിദ് പിന്നെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്തീന്റെ കൈയിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു ഷൌൽ ദാവിദിനോട് ചെല്ലുക യഹോവ നിന്നോടുകൂടെ ഇരിക്കും പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു അവന്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു തന്റെ കവചവും അവനെ ഇടിവിച്ചു പടയങ്കി മേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി എന്നാൽ അവന് ശീലമില്ലായിരുന്നു ദാവീദ് ശൗലിനോട് ഞാൻ ശീലിച്ചിട്ടില്ലായികയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു അവയെ ഊരിവെച്ചു പിന്നെ അവൻ തന്റെ വടിയെടുത്തൂത്തു തോട്ടിൽ നിന്ന് മിനുസമുള്ള അഞ്ചു കല്ലും തിരഞ്ഞെടുത്തു ഇടയസഞ്ചിയായ പൊക്കണത്തിൽ ഇട്ടൂട്ടു ഫെലിസ്തീനോട് അടുത്തൂട്ടു കയ്യിൽ കവണയുമായി ഫെലിസ്തീനും ദാവീദിനോട് അടുത്തൂത്തു പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു ഫെലിസ്തീൻ നോക്കി ദാവിദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു അവൻ തീരെ ബാലനു പവിഴ നിറമുള്ളവനു കോമളരൂപനു ആയിരുന്നു ഫിലിസ്തീൻ ദാവിദിനോട് നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവിദിനെ ശപിച്ചു ീൻ പിന്നെയും ദാവീദിനോട ഇങ്ങോട്ടുവാഹ്വാ ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇഴയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ദാവീദ്നോട് പറഞ്ഞത് നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നിരുന്നു ഞാനോനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടേത് ദൈവമായ സൈന്യങ്ങളുടെ ഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നിരുന്നു യഹോവ ഇന്നു നിന്നെ എന്റെ കൈയിൽ ഏൽപ്പിക്കും ഞാൻ നിന്നെ കൊന്നെന്ന് നിന്റെ തല ഛേദിച്ച് കളയു അത്രയുമല്ല ഞാൻ ഇന്നെന്ന് ഫിലിസ്തീന സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും േലിൽ ഒരു ദൈവമുണ്ടെന്നു സർവഭൂമിയും അറിയും യഹോവ വാൾകൊണ്ടുണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്നും യുദ്ധം യഹോവയ്ക്കുള്ളത് അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുത്തരും പിന്നെ ഫിലിസ്തീൻ ദാവിതനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ീദ് ബ് ഫലിസ്റ്റനോടെ എതിർപ്പാൻ അണിക്ക് നേരെ ഓടിക്കൂടി ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി ഫെലിസ്റ്റന്റെ നെറ്റിക്ക് എറിഞ്ഞു കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു അവൻവൻ കവിണ്ണു വീണു ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫലിസ്തീനെ ജയിച്ചു ഫെലിസ്തീനെ കൊന്ന് മുടിച്ചു എന്നാൽ ദാബിദിന്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു ആകയാൽ ദാബിദ് ഓടിച്ചെന്ന് ഫെലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു അവന്റെ തലവെട്ടിക്കളഞ്ഞു തങ്ങളുടെ മല്ലൻ മരിച്ചുപോയിയെന്ന് ഫെലിസ്തീർ കണ്ടിട്ട് ഓടിപ്പോയി ഇസ്രയേലിയരും യഹൂദീരം പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും യക്രോൻ വാതിലുകളും വരെ ഫിലിസ്തീനെ പിന്തുടർന്നു ഫലിസ്ത്യഹതന്മാർ ഷയരൈമീനുള്ള വഴിയിൽ ഗത്തും യക്രോനും വരെ വീണുകിടന്നു ഇങ്ങനെ ഇസ്രയേൽ മക്കൾ ഫിലിസ്തീനെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം പൊള്ളയിടുകയും ചെയ്തു എന്നാൽ ദാവീദ് ഫലിസ്തീന്റെ തലയെടുത്ത് അതിനെ യരുഷലമിലേക്ക് കൊണ്ടുവന്നു അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ നേരെ ചെല്ലുന്നത് കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേറിനോട് അബ്നേര് ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് ചോദിച്ചതിന് അബ്നേർ രാജാവെ തിരുമേനിയാണ് ഞാൻ അറിയുന്നില്ല എന്നു പറഞ്ഞു ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു ഫിലിസ്തീനെ സംഹരിച്ച് മടങ്ങിവരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ഷൌലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു ഫലിസ്തീന്റെ തലയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഷൌലവനോട് ബാല്യക്കാര നീ ആരുടെ മകൻ തൻ എന്ന് ചോദിച്ചു ഞാൻ ബത്തലഹേമ്യനായ നിന്റെ ദാസന്ദൻ ഇഷായിയുടെ മകനെന്നാണ് ദാവീദർ പറഞ്ഞു തുടങ്ങി